അദ്ദേഹത്തിന് മരണവിധി നാം നിശ്ചയിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ വടി ഭക്ഷിച്ച ഭൂമിയിലെ ഒരു ജീവി ഒഴികെ മറ്റാരും അദ്ദേഹത്തിന്റെ മരണത്തെക്കുറിച്ച് അവർക്ക് സൂചിപ്പിച്ചില്ല അദ്ദേഹം വീണപ്പോൾ തങ്ങൾക്ക് അദൃശ്യമായ കാര്യങ്ങൾ അറിയാമായിരുന്നെങ്കിൽ തങ്ങൾ ഇത്രയും കാലം അപമാനകരമായ ശിക്ഷയിൽ കഴിയുമായിരുന്നില്ല എന്ന് ജിന്നുകൾക്ക് ബോധ്യമായി